ഇക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് ഞങ്ങൾ ഇപ്രകാരം വിധിച്ചു ഒരാൾ മറ്റൊരു വ്യക്തിയെ കൊന്നതിനോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ വേണ്ടിയല്ലാതെ ഒരാളെ കൊന്നാൽ അവൻ മനുഷ്യകുലത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് ഒരാൾക്ക് ജീവൻ നൽകിയവൻ മനുഷ്യകുലത്തിന് മുഴുവൻ ജീവൻ നൽകിയതിനു തുല്യവുമാണ് തീർച്ചയായും നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നിരുന്നു എങ്കിലും അതിനുശേഷം അവരിൽ പലരും ഭൂമിയിൽ അതിരുകടന്നവരായിത്തീർന്നു